നീ പറയുക എന്റെ രക്ഷിതാവെ സത്യസന്ധമായ പ്രവേശനത്തിലൂടെ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യസന്ധമായ പുറത്തുപോക്കിലൂടെ എന്നെ പുറത്തുവിടുകയും ചെയ്യണമേ നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായിയായ ഒരധികാരം നൽകേണമേ